ഒരു ജന്മത്തില് ഒരു കുലത്തില് ഭക്തനുണ്ടായാൽ ആ കുലത്തിൽ ഭക്തന്മാര് ധാരാളം ഉണ്ടാവാനുള്ള സാധ്യത കൊണ്ട് ഭക്തിയുടെ വിത്ത് ഒരിടത്ത് വീട് കഴിഞ്ഞാൽ അതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മുളച്ചു കൊണ്ടേയിരിക്കും അവിടെ എവിടെ ആയിട്ട് മുളയ്ക്കും ഒരേപോലെ ചിലപ്പോ അച്ഛൻ മകൻ എന്ന് വരില്ല പക്ഷെ ചിലയിടത്ത് അപൂർവമായി അച്ഛൻ മകൻ വരും മകനെ അച്ഛനേക്കാളും മകൻ മേലെ പോകും പക്ഷെ ചിലയിടത്ത് അങ്ങനെ പല മഹാത്മാക്കൾക്കും മക്കളുടെ പേരൊന്നും നമുക്ക് അറിയയില്ല അവർ ഏതോ വഴിക്ക് പോയി ചിലപ്പോൾ കേൾക്കാൻ കൊള്ളില്ല അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും അതെന്താ സംഭവിച്ചാൽ അതാണോ മായ ഒന്നും നിയമമില്ല ഇവിടെ ധ്രുവന് ഒരു പുത്രൻ ഉത്കലു പേര് ജാതസ് ധ്രുവകുലയേവ തു കീർത്തേ അത് അങ്കന്റെ കഥയ്ക്ക് വന്നു ഇവിടെ ഭാഗവതത്തിലെ ഉത്കലന്റെ കഥ ചുരുക്കി പറഞ്ഞു ധ്രുവന്റെ ഒരു മകൻ ജനിച്ചപ്പോ തന്നെ ബ്രഹ്മനിഷ്ഠൻ ഒരു മകൻ രാജാവിനുണ്ടായാൽ ആ മകനെ രാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്യണം പക്ഷെ ധ്രുവന്റെ പുത്രനെ രാജാവാക്കാൻ വയ്യ എന്താന്ന് വെച്ചാൽ ബ്രഹ്മജ്ഞാനി ബ്രഹ്മജ്ഞാനി എന്ന് വെച്ചാൽ ജനകനൊക്കെ രാജ്യം ഭരിച്ചില്ലേന്ന് വെച്ചാൽ പോലെയല്ല ലോകം മുഴുവൻ അദ്ദേഹത്തിന് ബ്രഹ്മമയം ജഗത്തിനെ മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് ജഡാന്ത ബധിരോന്മത്ത മൂകാകൃതിഹി അതന്മതിഹി എന്നാണ് ജഡഭരതനെ പോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചാലും കേൾക്കില്ല ചെവിട് കേക്കാത്ത ആളെ പോലെ നടക്കും ആരോടും ഒന്നും മിണ്ടില്ല ചോദിച്ചാലൊന്നും മിണ്ടില്ല അങ്ങനെയാണ് ചോദിച്ചാലൊന്നും മിണ്ടില്ല ആരെങ്കിലും ചോദിച്ചാൽ എന്തു ചോദിച്ചാലും ഒരേ ഉത്തരമേ ഉള്ളൂ മൗനം ശബ്ദമൊന്നുമില്ല മിണ്ടണില്ല അപ്പൊ ആളുകൾ വിചാരിച്ചു ഇത് ബുദ്ധിയിൽ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള ആളാണെന്ന് വിചാരിച്ചു കുഴപ്പം എവിടെയോ ഒത്തിരി സ്ക്രൂ ഇളകിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ചക്രവർത്തിയുടെ മകൻ നോട്ടിലിങ്ങനെ തെരുവിലൂടെ ഇങ്ങനെ നടക്കും എവിടെയെങ്കിലുമൊക്കെ കിടക്കും കിട്ടിയത് വാങ്ങി കഴിക്കും ബ്രഹ്മനിഷ്ഠൻ അദ്ദേഹം ചിലപ്പോൾ ബുദ്ധിപൂർവ്വം അങ്ങനെ ഇരുന്നതായിരിക്കും അല്ലെങ്കിൽ രാജ്യപ്പെട്ടാഭിഷേകം ചെയ്തു വെക്കും ഭരണം ചെയ്യാൻ പറയും നാളെ യുദ്ധം ചെയ്യാൻ പറയും വേണ്ടാത്ത ഏടാകൂടത്തിലൊക്കെ കുടുങ്ങിക്കളയും അതുകൊണ്ട് അദ്ദേഹം ഉണ്ടാതിരുന്നു ഉത്കലൻ അപ്പോ വത്സരൻ എന്ന് പറയുന്ന കുട്ടിയെ രാജാവാക്കി ചെയ്തു പിന്നെ ആ വംശത്തിലാണ് പിന്നെ പറയാൻ രാജാവ് ഉണ്ടായി ആ വംശത്തിൽ അങ്കൻന്ന് പേര് അതാണ് ജാതസ് ധ്രുവകുലയേവ തുകീർത്തേ ഹെ അംഗസ് എന്താ അപ്പൊ അങ്കനൊരു തുങ്ക കീർത്തി എന്ന് വെച്ചാൽ നമ്മള് കേരളത്തിൽ ചൊല്ലണ്ട ഈ അച്ഛൻ തോണി ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് കൊണ്ടുപോകും കൊണ്ടുപോകുമ്പോ ആളുകളെയൊക്കെ മുട്ടിന് വെള്ളത്തിൽ ഇറക്കി വിടും അത്ര ഒരാള് അപ്പൊ ആളുകളൊക്കെ ചീത്ത പറയും തോണിക്കാരനെ പറഞ്ഞ മുട്ടിന് വെള്ളത്തിൽ ഇറക്കി വിടണം കുറച്ചു കഴിഞ്ഞപ്പോ അച്ഛന് വയ്യാതായപ്പോ ഒരു മകനുണ്ടായി മകനാണ് ഇപ്പൊ തോണി കൊണ്ടോ ആളുകൾ ഇടുപ്പിന് വെള്ളത്തിൽ ഇറക്കി വിടുന്ന അപ്പൊ ആളുകൾ പറഞ്ഞു അയ്യോ അച്ഛൻ എത്ര നല്ല ആളാണ് എത്ര നല്ല തോണിക്കാരനായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ അംഗന് പേര് കിട്ടിയത് മകനിലൂടെയാണ് അദ്ദേഹം നല്ല ആളാണ് അംഗൻ നല്ല ആളാണ് ഈ തോണിക്കാരനെ പോലെയല്ല മഹാത്മാവാണ് അംഗൻ പക്ഷേ അങ്കനെ ഇപ്പൊ അറിയപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാ പാവം അദ്ദേഹത്തിന് ഒരു വെറുതെ ഇരിക്കുമ്പോ ഒരു ഏടാകൂടം തോന്നി നമ്മളുടെ ആളുകളിൽ പലർക്കും തോന്നുന്ന ഒരു എടാകുടം തോന്നി അറിയും എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ചിലരെ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കും ചിലരെ ഈശ്വരൻ മക്കളെ കൊടുക്കാതെ അനുഗ്രഹിക്കും രണ്ടും അനുഗ്രഹം എന്ന് അറിയണം ബുദ്ധിയുള്ളവൻ അല്ലാതെ മക്കൾ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് മക്കളുണ്ടാവാൻ തലകുത്തി നിന്നിട്ട് പല പരിശ്രമങ്ങൾ ചെയ്താൽ അവസാനം ഒന്ന് വന്ന് പിറക്കും എന്നിട്ടേ അറിയുള്ളൂ വേണ്ടി കിടന്നില്ല വിളിച്ചു വരുത്തിയ പോലെ ആവും അപ്പോ അസുഖം എത്ര നല്ല കർമ്മമാ ചെയ്തറിയോ അങ്ങന് പുത്രൻ ഇല്ല എന്നുള്ള ദുഃഖം കാരണം അങ്ങൻ സാധാരണമായിട്ട് കാര്യൊന്നുമല്ല നല്ല യാഗം നടത്തി യാഗം നടത്തിയിട്ട് ദേവതകളെ വിളിച്ചു അപ്പോഴും ദേവന്മാര് പറഞ്ഞു നമ്മൾ പോണ്ട അംഗൻ പാവം നല്ല ആളാണ് നമ്മൾ പോയാൽ അയാൾ പുത്രനെ ചോദിക്കും കൊടുത്താൽ അയാളുടെ പ്രാരബ്ദം വിധി മഹാകഷ്ടാണ് അതുകൊണ്ട് ദേവന്മാരാരും പോയില്ല യാഗത്തിൽ ആഹുതി സ്വീകരിക്കാൻ അന്നൊക്കെ ഇപ്പൊ യാഗം ചെയ്യണവർക്ക് ദേവതകൾ വരണത് കാണാൻ വന്നിട്ടില്ലെങ്കിൽ വന്നിട്ടില്ലാന്ന് അറിയാം അപ്പൊ നമുക്കതൊന്നും അറിയില്ല വരുന്നുണ്ടോ വരണില്ലയോ ഒന്നും അറി വരണില്ല എന്ന് വേണമെങ്കിൽ ഉറപ്പായിട്ട് പറയാം അപ്പോ അന്ന് ബ്രാഹ്മണരെ ആഹുതി അർപ്പിച്ചിട്ട് ദേവതകളെ വിളിച്ചു ആരും വന്നില്ല അവസാന അംഗം പറഞ്ഞു എന്താപ്പോ ഞാൻ എന്ത് പാപം ചെയ്തു ഈ ദേവതകളൊന്നും വരണില്ലല്ലോ അപ്പൊ ഋഷികൾ പറഞ്ഞു അങ്ങയുടെ ഇപ്പോഴത്തെ പാപമല്ല ഏതോ പണ്ട് ചെയ്തതിന് എന്തോ കുഴപ്പമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വരാത്തത് നമുക്കൊരു കാര്യം ചെയ്യാം സാക്ഷാത് വിഷ്ണു ഭഗവാനെ തന്നെ ഇവിടെ പുത്രരൂപേണ കൽപ്പിച്ചിട്ട് യാഗം അപ്പോ അങ്ങനെ ഭഗവാനെ കല്പിച്ച് യാഗം ചെയ്തപ്പോ യാഗാക്കിനീന്ന് ഒരാള് വന്നു പായസമൊക്കെ കൊടുത്തു ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ശ്രീരാമചന്ദ്രനെ പോലെ ഒരു പുത്രൻ ഉണ്ടായിന്ന് വെച്ചാ വേണ്ടില്ല ഇതിപ്പോ ഒന്ന് ഉണ്ടായി യാഗം ചെയ്തിട്ട് വരുന്നു വന്നു നാട്ടുകാരൊക്കെ കൂടെ അയാൾക്കൊരു പേര് വെച്ചു വേനൻ വേനൻന്ന് വെച്ചാൽ ഭയങ്കര എന്ന അർത്ഥം കണ്ടവരെയൊക്കെ അടിക്കുക നാട്ടിലുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക കാട്ടിൽ പോയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ വേണമോ വേണ്ടയോ കൊല്ല ഇങ്ങനെ ദോഷവ്യഥിതമതി അയാളെ കാരണം ദിവസം രാവിലെ എണീറ്റാൽ ഒരു കംപ്ലയിന്റ് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞു കവിയും ോക്കേ വേണ്ട എല്ലാവരുടെയും കംപ്ലൈന്റ് ഇയാളെ കുറിച്ചാണ് മതിയായി രാജാവെ എന്നാ മകനെ വല്ലതും പറയാൻ പറ്റുമോ മിണ്ടാൻ പറ്റില്ല ചിലർക്ക് അങ്ങനെയാണ് ഗതി കേട്ട് മക്കളോടൊന്നും പറയാൻ പറ്റില്ല മിണ്ടാൻ പറ്റില്ല മുമ്പിൽ പോയി നിന്ന് അച്ഛൻ കിട്ടുന്നത് മറയ്ക്കും മകനെ കണ്ടാൽ മകനെ കണ്ടാൽ അച്ഛന്റെ പേടിയാണ് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് കുട്ടിക്കാലം മുതലേ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ അവനിരിക്കും ഇരിക്കാൻ പറഞ്ഞാൽ എഴുന്നേറ്റ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവും അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വരും ഒന്നും പറഞ്ഞാൽ കേക്കില്ല കുട്ടികൾ അങ്ങനെയാണേ അപ്പോ ഇയാൾ അതേപോലെ തന്നെ വളർന്നു ഭയങ്കരനായിട്ട് വളർന്നു അങ്ങനെ ഇരിക്കുമ്പോ മതിയായി രാജാവിന് അവസാനം ഒരു വഴിക്കും ശരിയാവണില്ല സ്കൂളില് വിട്ടാൽ ശരിയായില്ല പഠിപ്പിച്ചു നോക്കി പറഞ്ഞു കൊടുത്താൽ ശരിയാവണില്ല ഒന്നും ശരിയാവാതായപ്പോ ഒരു ദിവസം രാജാവ് ഉറങ്ങി എഴുന്നേൽപ്പിക്കുമ്പോ രാജാവിനെ ബന്ദികളൊക്കെ വന്ന് പാട്ടുപാടി വിളിച്ചു വിളിച്ചപ്പോ രാജാവ് എഴുന്നേക്കണ്ടേ രാജാവ് എഴുന്നേറ്റില്ല വാതില് തുറന്നു നോക്കുമ്പോ രാജാവിനെ കാണാനില്ല രാജാവ് അവിടെ വേനന് അഡ്രസ് ചെയ്തിട്ട് ഒന്ന് എഴുതി വെച്ചിട്ട് പോയിരിക്കണം എന്താ കത്തില് എന്ന് വെച്ചാൽ വേനന് നന്ദി ധന്യവാദ താങ്ക്സ് എന്താന്ന് വെച്ചാൽ കൊറേ വേദാന്തവും ഒക്കെ കേട്ടിട്ടുണ്ട് മുൻപിൽ ലോകത്തിനോടും വീട്ടിനോടും മക്കളോടുള്ള ആസക്തി ഒക്കെ ഉപേക്ഷിക്കണം നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ സാധിക്കും എന്ന് വിചാരിച്ചതേ ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടായപ്പോ സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സകലത്തിനോടും വിരത്തി ഉണ്ടായി അപ്പൊ അങ്ങൻ പറയണത് ആളുകൾക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പുത്രൻ ഉണ്ടാവണം നല്ല പുത്രൻ ഉണ്ടായ ദുഃഖം അത്ര ശ്രീരാമചന്ദ്രൻ വാൽമീകി രാമായണത്തില് ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു ഇനി ലോകത്തിൽ ആരും ഒരു സീമന്തിനീം എന്നെ പോലെ ഒരു കുട്ടിയെ പ്രസവിക്കരുത് എന്നാണ് എന്താന്ന് വെച്ചാൽ ആ പുത്രൻ വീട്ടിലുള്ളപ്പാഷം വിട്ടുപോയാ ദുഃഖം രാമൻ പറയണത് മാസ്മ സീമന്തിനീ കാജി പുത്രമീദൃശം സൗമിത്രേ യോഹം അമ്പായാഹ ദി ശോകമനന്തകം എന്നെ കാരണം കൗസല്യാദേവിക്ക് എത്ര ദുഃഖം ഇവിടെ അംഗനാവുമ്പോ ഒന്നും ഇരുവൻ പോയി കിട്ടിയാ വേണ്ടില്ല അവൻ പോകണില്ല നമ്മള് പോവാം അപ്പൊ അംഗൻ എഴുതി വെച്ചു എന്താ എഴുതി വെച്ചതെന്ന് ആളുകൾക്ക് കുട്ടി ജനിക്കുകയാണെങ്കിൽ എന്റെ കുട്ടിയെ പോലെ ഉണ്ടാവണം വേന എന്തായാലും ഈ മക്കളോട് പേരക്കുട്ടികളോടൊക്കെയുള്ള പാശം മാത്രം പോവേ ഇല്ല ബാക്കിയൊക്കെ പോവും ബാക്കി എന്തൊക്കെ വിട്ടാലും അവസാനം ഇതിലങ്ങനെ ഒട്ടി നിൽക്കും അപ്പോ അതുപോവാൻ പണ്ഡിതോ ബഹുമേതാ ക്ലേശതാ ഗ്രഹാ ഈ പുത്രൻ എന്നുള്ള ഒരു മോഹബന്ധനത്തിനെ ആർക്കും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകൊഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ എന്തായാലും അതിലൊട്ടി നിർ മകൻ എത്ര അസത്താവട്ടെ അത് വിട്ടുപോകില്ല കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു മുത്തശ്ശി എന്റെ മകൻ എല്ലാം പുരാണത്തിലുള്ള പേരുകളൊക്കെ പറയും പറയാൻ തുടങ്ങിയവൻ കംസൻ ദുര്യോധനൻ ദുശാസനൻ രാവണൻ കുംഭകരണൻ അതിലൊരു പെരുമാ വേറെ ഒറ്റ നല്ല പേരില്ല വരി വരി വരിയായിട്ട് പറഞ്ഞു നിർത്താറിന് അങ്ങനെയാണെങ്കിലും അതിലുള്ള ആസക്തി അറ്റാച്ച്മെന്റ് പോവില്ല അപ്പൊ അങ്ങൻ പറഞ്ഞു ഈ വേദന കാരണം ഈ ഗൃഹത്തിനോടുള്ള ആസക്തി ഒക്കെ എനിക്ക് പോയി രാജാവ് ഒരേ പോക്ക് പോയി തെരഞ്ഞിട്ട് കിട്ടിയതേ ഇല്ല പ്രജകളൊക്കെ തെരഞ്ഞു നോക്കി രാജാവിനെ കിട്ടിയില്ല ഇവിടെ പോയിന്നേ അറിഞ്ഞില്ല ഇനിയിപ്പേ രാജാവാക്കും എന്ന് ആലോചിക്കുമ്പോ ഓൾറെഡി ഒരാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ വേറെ ആളെ അന്വേഷിക്കുന്നത് ഞാനിവിടെ ഉണ്ടല്ലോ ഞാനിവിടെ ഉള്ളപ്പോ നിങ്ങൾ വേറെ ആരെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല പാ പോലപാലനായ പൗരാദ്യൈ ഉപനി കട്ടോരവീദ്യേബ്യോ നിജബലമേവ്രശംസൻ ഭൂചക്രേ തവ യജനം ഞറൌത് സാക്ഷാത് പാപമേ രൂപം പൂണ്ടാള് അങ്ങനെയുള്ള ആള് ഭൂഭാരം രാജ്യഭരണമെടുത്തതോടുകൂടെ അടുത്തുള്ള രാജാക്കന്മാരൊക്കെ കിട അടുത്തൊരാള് വരുന്നില്ല എല്ലാവർക്കും പേടി നാട്ടിൽ കള്ളന്മാരൊന്നും ഇല്ല അത്ര അത് ഗുണമുണ്ടായിരുന്നു എന്നാണ് കാരണം കള്ളന്റെ തലയാ തലപ്പിലുള്ള ആണ് മേലെ ഇരിക്കണത് പേടിച്ചിട്ട് തന്നെ കള്ളന്മാരെ കൊളിച്ചു എന്നാണ് പക്ഷെ പൂജ ചെയ്യാൻ പാടില്ല യജിക്കാൻ പാടില്ല യാഗം ചെയ്യാൻ പാടില്ല ഒക്കെ നിജബലമേവ സംപ്രശംസനൊക്കെ എന്നെ കുറിച്ച് തന്നെ കുറിച്ച് എല്ലാരും പറയണം തന്നെ കുറിച്ച് എഴുതണം സ്കൂളിൽ കുട്ടികൾക്കൊക്കെ തന്നെ കുറിച്ച് പഠിപ്പിക്കണം അങ്ങനെ ആയി തീർന്നു അപ്പൊ ഋഷികൾ ആലോചിച്ചു ഇവനെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇതുവരെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലേ അവനെ ഇവൻ കേട്ടുവോ കേട്ടിട്ടില്ലയോ പറയാം എന്ന് തീരുമാനിച്ചു വേനൻറെ മുമ്പിൽ വന്നു സംപ്രാപ്തി ഹിതകഥനായ താപസൗഖ്യം ഹിതം പറയാനായിട്ട് വന്നു ഭഗവാനെ ഭജിക്കണം യാഗം ചെയ്യണം യജ്ഞം ചെയ്യണം എന്നാലേ നാട് നന്നാവുള്ളൂ അപ്പൊ ഇയാളുണ്ടല്ലോ നിങ്ങൾ ഏതാ ഈശ്വരനെ പറയണത് ഞാനല്ലേ നിങ്ങൾക്ക് ദക്ഷിണ തരണത് എന്നിട്ട് വേറെ ഏതോ ഈശ്വരനെ ഭജിക്ക് കഷ്ടം ബാലിശാപതയൂയം അധർമ്മേ ധർമ്മമാനി വൃത്തിതം പതിം ഹിത്വം പതിമുപാസത്തെ എന്ന് പറഞ്ഞ് ചിരിച്ചു അവര് കോപിച്ച് ശപിച്ചു വേനൻ അങ്ങനെ വീണു ശാപാഗ്നൗ ശലപശാമനായി വേന ശാപമാവുന്ന അഗ്നിയിലങ്ങനെ വീണുപോയി മരിച്ചപ്പോ ഇവന്റെ അമ്മ ആ ശരീരത്തിനെ സൂക്ഷിച്ചു എന്തായാലും ഈശ്വരാംശമാണ് അത്ര ദുഷ്ടനായാലും ഈശ്വരനെ ആരാധിച്ച് ജനിച്ചതാണ് അപ്പൊ ചിലതിൽ ദുഷ്ടത്വം പുറത്തു വരും ഇവിടെ അതാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഋഷികൾ കഴിഞ്ഞപ്പോൾ രാജാ ഇല്ലാതെ അരാജകത്വമായപ്പോ വേനന്റെ കടഞ്ഞു കടഞ്ഞിട്ട് അതിലുള്ള ദുഷ്ട ദുഷ്ടൊക്കെ പുറത്തേക്ക് കളഞ്ഞു അവർക്ക് അന്ന് പല വിദ്യകളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിദ്യകൊണ്ട് ആ ശരീരം കടഞ്ഞ് ദുഷ്ടൊക്കെ പുറത്തേക്കെ കളഞ്ഞു അതൊരു നിഷാദന്റെ രൂപത്തിൽ മുമ്പിൽ വന്ന് നിന്നു കാട്ടിൽ ചെന്ന് നിഷീത അവിടെ ചെന്ന് ഇരിക്കൂന്ന് പറഞ്ഞു തന്നാശത് മുനീന്ദ്രി തന്മാത്രിത രക്ഷിതേ തതങ് തെക്താകെ പരിമിതാദ് പരിമിതേ ത്വമാവിരാസീ അങ്ങനെ ഭഗവാ ആ രണ്ട് കൈകൾ കടഞ്ഞപ്പോ ഒരു മിഥുനം അതിൽ നിന്ന് ജ്വലിച്ചു ഭഗവാന്റെ അംശമായ പൃഥുവും അർച്ചിസ് എന്ന പേരോടുകൂടി ദേവിയും ആവിർഭവിച്ചു അങ്ങനെ പൃഥുവും ദേവിയും ആവിർഭവിച്ചു പൃഥു രാജാവായിത്തീർന്നു പൃഥുവിനെ ബന്ധികളൊക്കെ സ്തുതിച്ചു രാജാവായ പൃഥുവിനെ സ്തുതിച്ചു വേനനാണെങ്കിൽ എല്ലാവരും എന്നെ സ്തുതിക്കണം സ്തുതിക്കണം സ്തുതി എല്ലാവർക്കും ഇഷ്ടമാണ് അതെ ഒരു നായാണെങ്കിലും നമ്മൾ തട്ടിക്കൊടുത്താൽ അങ്ങനെയിരിക്കും അതിനും ഇഷ്ടമാണ് എല്ലാവർക്കും സ്തുതിക്കുന്നത് ഇഷ്ടമാണ് നിന്ദിക്കുന്നത് ആർക്കും ഇഷ്ടല്ല അപ്പൊ വേനനും സ്തുതിക്കണത് ഇഷ്ടം പൃഥു പറഞ്ഞു നിങ്ങൾ എന്നെ സ്തുതിക്കരുത് മനുഷ്യൻ പൊതുവെ സ്തുതി ഇഷ്ടപ്പെടുന്നവനാണ് പക്ഷെ സ്തുതിക്കും തോറും അഹങ്കാരം ടോണിക്ക് കുടിച്ച പോലെ വളരും അതുകൊണ്ട് സ്തുതിക്കരുത് കബീർദാസ് ഒരു ദോഹയിൽ പറയുന്നത് നിന്ദിക്കുന്ന ആളുടെ അടുത്തേ ഇരിക്കണം എന്നാണ് നിന്ദിക്കണ ഒരാളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അയാൾക്കൊരു സാലറി കൊടുത്ത് വെച്ചോളും അപ്പൊ നമുക്ക് അഹങ്കാരം വരാതിരിക്കാൻ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ദൂഷ്യമൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ ആയി തോന്നിപ്പോകും ആളുകൾ നമ്മളെ വെറുതെങ്കിലും സ്തുതിക്കും നമുക്ക് ഇപ്പം സ്തുതിക്കാൻ ചെലവൊന്നുമില്ലല്ലോ അല്ലേ റെഡിമെയ്ഡായിട്ട് ആളുകൾ സ്തുതികളൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടാവും അത് വെറുതെ തുറന്നുവിടും ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരിക്കില്ലേ പക്ഷെ ഈ കേൾക്കുന്ന ആളുകൾ ഇത് വിശ്വസിച്ച് കളയും ഈ സ്തുതിച്ച് സ്തുതിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെയാണെന്ന് വിശ്വസിച്ച് കളഞ്ഞു അപ്പൊ അത്തരത്തില് ഒരു വിഡ്ഢിവേഷം കെട്ടാൻ്റെ ഒരു ഗതികേട് വരാതിരിക്കാനായിട്ട് പൃഥ്വു പറഞ്ഞു നിങ്ങൾ എന്നെ സ്തുതിക്കരുത് ഞാനിനി എന്റെ ഗുണമേ പ്രകാശിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോ നിങ്ങളൊക്കെ സ്തുതിച്ചാൽ ഞാൻ നശിച്ചു പോകും അറിവുള്ള മനുഷ്യൻ ഒരിക്കലും സ്തുതിക്കണ ആളുകളുടെ അടുത്ത് നിൽക്കരുത് നിന്ദിക്കണ ആളുകളുടെ അടുത്ത് നിന്നാ ഇനിയും വേണ്ടില്ല എപ്പോഴുമേ സ്തുതിയും നിന്ദയും ഇല്ലാതെ സമദർശിത്വമാണ് ഏറ്റവും നല്ലത് എല്ലാവിധത്തിലും ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ പറഞ്ഞു ഉദ്ധവരോട് ജ്ഞാനത്തിൽ ദാർഢ്യം വേണമെന്നുണ്ടെങ്കിൽ ആത്മാവിനെ അല്ലാതെ അല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും പറയരുത് പരസ്വഭാവ കർമാണി ന പ്രശംസേത് നഗർഹയേത് വിശ്വമേകാത്മകം പ്രകൃത്യാ പുരുഷേണ ഉദ്ധവാം വർത്തമാനം പറയുമ്പോ മറ്റുള്ളവരെ സ്തുതിക്കുകയും അരുത് മറ്റുള്ളവരെ നിന്ദിക്കുകയും അരുത് കാരണം എടോ മറ്റുള്ളവൻ എന്നുള്ളത് ഇല്ലേ ഇല്ല ഒരേ ആത്മാവേ ഉള്ളൂ വിശ്വമേകാത്മകം പശ്യൻ ആ ഒരേ ആത്മാവിനെ അവൻ ഇവൻ എന്ന് കരുതി അവനെ ഒരാളെ ഏതോ അയാൾ വലിയ ആളുമാതിരി സ്തുതിക്കുകയും ചെയ്ത് ഒരാളെ എന്തോ താഴ്ന്ന ആളുമാതിരി നിന്ദിക്കുകയും ചെയ്ത് ഇതൊക്കെ നമ്മൾ ഗുണവും ദോഷവും ആരോപിച്ച് സ്തുതിക്കുകയും നിന്ദിക്കുകയും ചെയ്യണത് ഇവിടെ ഗുണവുമില്ല ദോഷവുമില്ല സർവത്ര ആത്മാത്രം ഒരേ ആത്മവസ്തു മാത്രമേ ഉള്ളൂ അപ്പോ പൃഥ്വമഹാരാജാവ് പറഞ്ഞു നിങ്ങൾ എന്നെ സ്തുതിക്കരുത് എന്നാണ് അങ്ങനെ പൃഥുരാജ്യഭരണം തുടങ്ങിയപ്പോ രാജ്യത്തിൽ ഒന്നും മഴയില്ല അവിടെ ഒക്കെ വിഷമം ഈ വേനം ഭരിച്ച രാജ്യമല്ലേ ഭൂമി എല്ലാത്തിനെയും ഒളിച്ചു വെച്ചിരിക്കാം ഭൂമിയുടെ നേരെ അമ്പടത്തും ഭൂമിദേവി വന്ന് പൃഥുവിന്റെ മുമ്പിൽ വന്ന് സ്തുതിച്ചു ഭഗവാനേയും അവിടുന്ന് സാക്ഷാത് ഈശ്വരാംശം അങ്ങ് തന്നെ എന്റെ നേരെ അമ്പ് തൊടുത്താൽ ഞാൻ ആരോട് പോയി ആരിക്കും മറ്റുള്ളവരൊക്കെ എന്നെ ദുഃഖിപ്പിച്ചാൽ ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് ദുഃഖം പറയും അങ്ങ് തന്നെ ദുഃഖിപ്പിച്ചാലോ രാമായണത്തിലെ ഒരു കഥ രാമകൃഷ്ണ പരമാംസർ പറയും വാൽമീകി രാമായണത്തിൽ ഒന്നുമുള്ള കഥയല്ലാതെ എവിടെ ഉള്ളതാണെന്ന് അറിയില്ല ശ്രീരാമചന്ദ്രൻ വില് വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ ലക്ഷ്മണൻ ചോട്ടിൽ നോക്കിയപ്പോ വില്ലിന്റെ ചോട്ടിൽ രക്തം നോക്കിയപ്പോ വില്ലിന്റെ ചോട്ടിൽ ഒരു തവള ആ തവള വില്ലിന്റെ ചുവട്ടിൽ സഹിച്ചു കിടക്കുകയാണ് ഈ വില്ലിന്റെ ഭാരം അപ്പൊ രാമനോട് ലക്ഷ്മണൻ പറഞ്ഞു നോക്കുക അതാ ഒരു തവള അത് വേദനിച്ച് കര കരഞ്ഞോണ്ടിരിക്കുന്നു രാമനുടനെ ആ തവളെ കയ്യിലെടുത്തിട്ട് ചോദിച്ചു അത്രേ ഞാൻ അറിയാതെ വില്ല് വെച്ചതാണ് എന്നോട് പറഞ്ഞൂടെ നിലവിളിച്ചൂടെ അതിനല്ലേ തനിക്ക് ശബ്ദം അപ്പൊ ആ പറഞ്ഞു ഞാൻ എന്തു പറഞ്ഞു നിലവിളിക്കും ആരെങ്കിലും ഒക്കെ എന്നെ അടിക്കുകയോ അടിക്കാൻ വരുകയോ ഒക്കെ ചെയ്യുമ്പോ ഞാൻ രാമാ രാമാന്ന് വിളിക്കും ഇപ്പൊ രാമനെ ചെയ്യുമ്പോ ഞാൻ ആരെ വിളിക്കും ആ രാമനെ എന്നെ ഞാൻ വേദനിപ്പിക്കുമ്പോ ഞാൻ ആരെ വിളിക്കും ഈ തത്വം അറിഞ്ഞാൽ എല്ലാമേ രാമൻ ചെയ്യണതാണ് എല്ലാ ദുഃഖവും സുഖവും ഒക്കെ ഭഗവാൻ തരണതാണെന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയാനേ ഇല്ല അപ്പൊ ഇവിടെ ഭൂമിദേവി പറഞ്ഞു ഭഗവാനെ അങ്ങ് തന്നെ എന്റെ നേരെ വില്ലെടുത്താൽ ഞാൻ ആരോട് പോയി കഴിയും ഭഗവാൻ പൃഥ് പറഞ്ഞു ഇത്രയും വസു ഉള്ളിൽ വെച്ചൊന്നും പുറത്തുവിടാതെ ഇരിക്കുന്നുവല്ലോ ഭൂമി പറഞ്ഞു ദുഷ്ടന്മാര് ഭരിക്കണത് കണ്ടിട്ടാണ് ഞാൻ ഒക്കെ അകത്താക്കിയത് അങ് ഇനി ഞാൻ പശുവിന്റെ രൂപത്തിൽ നിൽക്കാം കറന്നെടുത്തോളാം ആരെങ്കിലും ഒക്കെ കന്നുകുട്ടിയായിട്ട് ഒരു കിടാവായിട്ട് നിർത്തണം കിടാവായിട്ട് ആരെങ്കിലും ഒക്കെ നിർത്തി കറന്നെടുത്തോളണം എന്ന് പറഞ്ഞു അങ്ങനെ ഭൂയസ്ഥം നിജകുല മു ചാരുഭാജനേഷൂ അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം അധൂദുഹസ്വം ഋഥു മഹാരാജാവ് ദേവതകള് അസുരന്മാര് യക്ഷസുകള് യക്ഷന്മാര് ഋഷികള് എല്ലാരും അവരവർക്കായിട്ട് ഓരോ വത്സത്തിനെ കല്പിച്ചു ബൃഹസ്പതി പ്രഹ്ലാദൻ മുതലായിട്ട് ഇങ്ങനെ പലരെയും അവരവരുടെ വംശത്തിന്ന് എടുത്തിട്ട് കൽപ്പിച്ചിട്ട് വത്സമായി കൽപ്പിച്ചു ഭൂമിയിൽ നിന്ന് കറഞ്ഞെടുത്തു അങ്ങനെ ഭൂമിയൊക്കെ ഫലഭൂയിഷ്ടമായി കൃഷിസ്ഥലങ്ങളൊക്കെ വന്നു നഗരങ്ങളൊക്കെ നിർമ്മിക്കപ്പെട്ടു ഇതൊക്കെ ആദ്യം പൃഥു അത്ര ചെയ്തത് അങ്ങനെയെല്ലാം നിർമ്മിക്കപ്പെട്ടു കഴിഞ്ഞതും പൃഥു അങ്ങനെ യാഗം നടത്തി ഒരു യാഗമല്ല നൂറ് യാഗം നടത്താൻ നിശ്ചയിച്ചു അപ്പോ തൊണ്ണൂറ്റി ഒമ്പതായപ്പോ നമ്മുടെ ഇന്ദ്രൻ അദ്ദേഹത്തിന് വിഷമം ഇന്ദ്രപദവി പോവുമോ എന്ന് പേടി അദ്ദേഹം ഓരോ വേഷത്തിൽ വരും മുട്ടയടിച്ച് വന്നു താടി വെച്ചിട്ട് വന്നു തല വിരിച്ചിട്ട് വന്നു ചുവന്ന വസ്ത്രം ധരിച്ചു വന്നു ഇങ്ങനെ പല നഗ്ന രക്തപടാധിഷു നഗ്നനായിട്ട് വന്നു ഇങ്ങനെ പല വേഷം കെട്ടി വന്നിട്ട് കുതിരയുടെ അടുത്ത് വന്നിങ്ങനെയും നിൽക്കും കുതിര നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയും ആരും നോക്കണില്ലെങ്കിൽ അയച്ചോണ്ട് പോകും കട്ടോണ്ട് പോകും അശ്വ യാഗാശ്വത്തിനെ കട്ടുകൊണ്ട് പോകും പല മുറ പൃഥുവിന്റെ മകൻ പിടിച്ചുകൊണ്ടു അവസാനം ഇന്ദ്രനെയും ചേർത്തി ഹോമിച്ച് കളയാൻ തീരുമാനിച്ചു അപ്പൊ ഭഗവാൻ വന്ന് തടുത്തു എന്താ ഈ ഹോമിക്കാൻ തീരുമാനിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാല് ഈ വേഷം ഇന്ദ്രൻ കെട്ടിയ പല വേഷങ്ങളും കലിയിൽ പലരും അനുകരിക്കും എന്നാണ് അതായത് മഹാത്മാക്കൾ ഓരോ വേഷം ധരിക്കും അതിനെ അനുകരിച്ച് അനേകം പേര് ആളുകളെ വഴിതെറ്റിക്കും അപ്പൊ അതറിഞ്ഞിട്ടാണ് ഭൃഗു അതിനെയൊക്കെ ആ വേഷത്തിനെയൊക്കെ അന്നത്തോടു കൂടെ ഹോമിക്കണം തീരുമാനിച്ചത് അത്രേ അന്നത്തോടുകൂടെ ഇത് സൂക്ഷ്മമായ ഒരു സൂചന നമുക്കൊക്കെ അത്രേയുള്ളൂ അതായത് ഈശ്വരമാർഗത്തിൽ സഞ്ചരിക്കണവരെ വഴിയിൽ നിന്ന് പല വേഷം കെട്ടികൾ ധാരാളം വരും എന്നാണ് ശരിയായ ശാസ്ത്രത്തിനെയും ശരിയായ പ്രമാണമായി സ്വീകരിക്കാതെ അവരവർ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ട് കലിയിൽ വരും എന്ന് അവിടെ ഭാഗവതത്തിൽ സൂചിപ്പിക്കണുണ്ട് ശുദ്ധാത്മാക്കളാണെങ്കിലും ഒരിക്കലും വഴിപഴച്ച് പോകില്ല അവരവരുടെ അശുദ്ധിക്കനുസരിച്ച് അവരവർ വഴിപഴച്ചു പോകും അത്രേയുള്ളൂ അപ്പോ ഇങ്ങനെ ഇന്ദ്രൻ ഈ കുതിരയുടെ രൂപം പല കുതിരകളെ കട്ടുകൊണ്ടുപോയി അവസാനം കുതിരയെ പിടിച്ചുകൊണ്ട് വന്ന് ഇന്ദ്രനെ ഹോമിക്കാൻ നിന്നപ്പോ ഭഗവാൻ തന്നെ അവിടെ വന്ന് തടസ്സം ചെയ്തു പൃഥ്വിനോട് പറഞ്ഞു അങ്ങേക്ക് എന്തിനു നൂറിയാകം ഭംഗമായിട്ട് തൊണ്ണൂറ്റിയൊമ്പതായിട്ട് നിൽക്കട്ടെ നൂറിയാകും ചെയ്താൽ നൂറിയാകും ചെയ്തു എന്നൊരു തോന്നലുണ്ടാവും അതില്ലല്ലോ ഏകോനശതക്രോതു അല്ലെ ഒരു ലക്ഷം ജപം ചെയ്യാമെന്ന് തീരുമാനിച്ച് തൊള്ളായിരത്തി ഒമ്പതിനൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം ചെയ്താലും തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി തൊള്ളായിരത്തിഒമ്പത് ജപിച്ചാലും അല്ലെ ഒരു ലക്ഷത്തിന്റെ കിട്ടി കിട്ടിയോ അല്ലയോ കിട്ടി പക്ഷേ എന്നാ ഒരു ലക്ഷം ജപിച്ചു തീർത്തുന്നുണ്ട് അഹങ്കാരം വരൂല്ലേതാനും അങ്ങനെയൊരു ഗുണമുണ്ട് അങ്ങനെയൊരു ഗുണമുണ്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു യജ്ഞം പൂർത്തിയാക്കിയില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട കാരണം ഭഗവാനെ കാണുക അല്ലെ യജ്ഞത്തിന്റെ ലക്ഷ്യം വന്നു കഴിഞ്ഞു ഇനിയിപ്പങ്ങി പദവി ഒന്നും വേണ്ടാലോ അങ്ങക്ക് അതിനേക്കാളും വലിയൊരു പദവി ഇപ്പൊ കിട്ടും എന്താണെന്ന് വെച്ചാൽ സനകാദികളുടെ സമ്പർക്കം അവരിൽ നിന്നും ബ്രഹ്മവിദ്യ ചർച്ച ചെയ്ത് അറിയാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടാവും അതുകൊണ്ട് പരസ്പര ആലിംഗനം ചെയ്യാൻ പറഞ്ഞു ഇന്ദിര ഭഗവാൻ പൃഥുവിനോട് ചോദിച്ചു അങ്ങേക്ക് വരം വേണോ ഇന്ദിരാ ഭഗവാനെ വരം വരാൻ വിബോത്വരേശ്വരാണീ ഗുണവിക്രയാത്മനം ഏ നാരകാണാം അഭിസന്ധിദേഹിനാം ൈവല്യപതേ വൃണേനച്ച ഭഗവാനെ അങ് കൈവല്യപതി കൈവല്യമേ സ്വരൂപമായിട്ടുള്ളത് അങ്ങനെയുള്ള അങ്ങയുടെ മുമ്പിൽ പോയിട്ട് ആരെങ്കിലും വരം ചോദിക്കോ ഇനി അങ്ങക്ക് വരം വേണമെങ്കിൽ എനിക്കൊരു പത്തായിരം ചെവി തരൂ എന്തിനാ ഈ പത്തായിരം ചെവി രണ്ട് ചെവി പോലെ അതിനല്ല കഥ കേൾക്കണം ഭഗവത് കഥകളെ കേൾക്കണം പത്തായിരം ചെവി കൊണ്ട് കേട്ടാൽ രണ്ട് ചെവി കൊണ്ട് അങ്ങനെയല്ല ഭക്തന്മാർക്ക് തനിച്ച് കേൾക്കാൻ ഒരു രുചിയില്ല ചേർന്ന് കേൾക്കാം പത്തായിരം ജവി എന്ന് വെച്ചാൽ ഒരു അയ്യായിരം ആളെങ്കിലും ഉണ്ടാവണം അങ്ങനെ അയ്യായിരം ആളുകൾ ചേർന്ന് കേട്ടാ എങ്ങനെ ഉണ്ടാവും അത് പരസ്പരം അല്ലെ കഥ രസിച്ചു കേൾക്കുമ്പോൾ നമ്മൾ രസിക്കും പറയണ ആളുടെ രസം കേൾക്കണവരുടെ രസം അടുത്തിരിക്കണവരിലൂടെ ഒരു രസം അതാണ് ചിലരൊക്കെ കഥയിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊള്ളു രസമായിട്ടുള്ള കാര്യങ്ങൾ അവരവർക്ക് സംബന്ധപ്പെട്ടതാണെന്ന് ഞങ്ങളുടെ ഇങ്ങോട്ട് നോക്കിക്കോളും ചിലരുടെ അടുത്തിരുന്ന് കഥ കേൾക്കാൻ പറ്റില്ല രസമേറിട്ടേ അങ്ങനെയുണ്ട് അടുത്തിരുന്ന് കഥ കേൾക്കാൻ പറ്റും രാമായണകഥ ഒരു അഴുവാർ രാമായണകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ധാരാളം ഒരു ശിഷ്യൻ പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് ഈ കഥ രാമായണം കേൾക്കുന്നുണ്ട് കൂടെ നടക്കും എന്നാൽ ഇതുവരെ ഒരക്ഷരം തപസ്വാധ്യായ വിരതം അവൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ആഴ്വർ ഏതെങ്കിലും ശ്ലോകം പറയാൻ പറഞ്ഞാൽ അതൊന്നും അറിയില്ല പക്ഷെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നു ഇരുപത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കേട്ടോണ്ടേ ഗുരുവിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ പൂജാ പെട്ടിയും എടുത്തുകൊണ്ട് നടക്കും അപ്പൊ ഗുരു ചോദിച്ചു ഒരു ദിവസം കഥ കേൾക്കാനിരിക്കണതോ ബഹുരസം അത്യുത്സാഹമായിട്ട് മുമ്പിൽ വന്നിരിക്കും അത്രേ അപ്പൊ ഗുരു വൈകുന്നേരമായ ശാസ്ത്രപാഠം ഉണ്ട് അവിടെ കാണുന്നില്ല ആള് അതിനൊന്നും വരില്ല ഈ കഥ പറയുമ്പോ മുമ്പിൽ വന്നിരിക്കും നല്ല രസിച്ചു കേൾക്കും ഇവന്റെ ഒരു കുറെ മീറ്റർ ചുറ്റുവട്ടാരത്തിൽ ആരും ഇരിക്കില്ല എന്താ സമ്പ്രദായം എന്ന് വെച്ചാ ഒരിക്കൽ സുന്ദരകാന്ഡൻ രാമായണം പറഞ്ഞു യുദ്ധകാന്ഡം പറയാണ് സുന്ദരകാന്ഡത്ത് തന്നെ ഒരുപാട് ലഹള കൂട്ടി അത് കഴിഞ്ഞിട്ട് യുദ്ധകാന്ഡം പറഞ്ഞപ്പോ രാവണൻ യുദ്ധഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു ഹനുമാൻ കൈ ചുരുട്ടി രാവണനെ ഇടിച്ചു എന്ന് പറഞ്ഞത് അടുത്തിരിക്കുന്ന ആളുടെ ആവേശം ആവേശം കയറിയിട്ട് അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്കിട്ടുകൊടുത്തു മഹാഭാരതം കാണാൻ പോയി അത്ര എവിടെയോ നാടകം നാടകം കാണാൻ പോയ സ്ഥലത്ത് ദ്രൗപദീ വസ്ത്രാക്ഷേപ സന്ദർഭമാണ് ദുശാസനം സിനിമയാണെങ്കി വേണ്ടില്ല നാടകമാണേ കണ്ടും കണ്ടില്ലേ അത്രേ ഉള്ളു ഓടി സ്റ്റേജിൽ കയറിയ ദുശാസനന് അല്ലെങ്കിൽ ആരോഗ്യം പോരാ പാവം കണക്ക് അങ്ങനെയുള്ള രസികൻ അപ്പൊ അങ്ങനെയുള്ള ആളോട് ആഴ്വാറ് ചോദിച്ചു ഇത്ര കഥ കേട്ടിട്ട് നീ എന്തു മനസ്സിലാക്കി നിനക്കായിട്ട് വലതും വേണ്ട ഇത്ര വർഷം ഇരുപത്തി മൂന്ന് വർഷമായിട്ട് കേൾക്കണു ഒരു രാമായണം ഒരിടത്ത് പോയി പറയുക ഈ പ്രഭാഷണമൊന്നും നമുക്ക് വേണ്ട കേട്ടാ മതി പ്രഭാഷണം ചെയ്യാനൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഭാഷണം ചെയ്യണമെന്ന് തോന്നും അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഈ കേൾക്കുന്നവരാണ് ശരിക്കും ആസ്വദിക്കുക അപ്പൊ കേട്ടോണ്ടിരിക്കണതാ നല്ലത് എന്നാലും ഇരുപത്തിമൂന്ന് വർഷം കേട്ടിട്ട് എന്തു പഠിച്ചു ഞാൻ ഒരു കാര്യം പഠിച്ചു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാൻ കേട്ടുകൊണ്ടേ എപ്പോഴെങ്കിലും ഒരു ദിവസം സ്റ്റോക്ക് തീർന്നു പറഞ്ഞാൽ ഞാൻ പുറപ്പെടാം പക്ഷെ അത് സംഭവിക്കില്ലയാണ് അല്ല എനിക്ക് തന്നെ ഈ കേട്ടിട്ട് അങ്ങോട്ട് മതിയായി തോന്നിയാ ഞാൻ പുറപ്പെടാം അതും സംഭവിക്കില്ല അപ്പൊ ഞാനിങ്ങനെ കേട്ടോണ്ടേ ഇരുന്നോളാം അങ്ങനെ കേൾക്കാൻ ഒരു രസം എന്നാണ് അപ്പൊ പൃഥു പറയണത് എനിക്കൊരു പത്തായിരം ചെവി വിധത് സ്വകർണായുഷമേവര അതെങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ചാൽ മഹത്തമന്തർഹൃദയാന് മുഖച്ചു വിധത്സ്വകർണായുതമേഷമേവര പരമഭാഗവതന്മാരായി ഭഗവാനെ ഹൃദയത്തിൽ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന മഹാത്മാക്കൾ അന്തർഹൃദയാത് മുഖച്യുത അന്തർഹൃദയത്തിൽ ആനന്ദം അനുഭവിക്കുന്നു ആ അന്തർഹൃദയത്തിൽ അനുഭവിക്കുന്ന അനുഭൂതി ഹൃദയത്ത് നിന്നു പൊന്തി മുഖത്തുകൂടെ ശ്രവിക്കണം വെറുതെ വായി നിന്ന് വരാൻ പാടില്ല കണ്ഠത്തു നിന്നും വരാൻ പാടില്ല നാഭി ഹൃ കണ്ഠരസനാഭി നിന്ന് പുറപ്പെട്ട് ഹൃദയത്തിനെ സ്പർശിച്ച് കണ്ഠത്തിലൂടെ ശബ്ദം വായിലൂടെ പുറത്തേക്ക് വന്നിട്ട് കേൾക്കണം അപ്പൊ മഹത്തമാന്തര ഹൃദയാൻ മുഖച്യുതോ വിധത്സ്വ കർണായുതമേഷ അങ്ങനെ കേൾക്കാൻ ഒരു പത്തായിരം ചെവി തരൂ കേട്ട് കേട്ട് കേട്ട് മതിയാവണില്ല അങ്ങനെ കേൾക്കണം രുചിച്ച് രുചിച്ച് കേൾക്കണം ആ അമൃതധാര ആസ്വദിച്ച് ആസ്വദിച്ചു മതിയേ വരണില്ല അങ്ങനെ കേൾക്കണം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എന്ന് വെച്ചാ വെറുതെ ആണോ പോയതും ഭഗവാൻ അയച്ചു നാലു പേരെ വെറുതെ ഉപന്യാസം ചെയ്യണവരല്ല യച്ചു സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാർ ആരാണോ ബ്രഹ്മസംവിദ്യാ സമ്പ്രദായ പ്രവർത്തകന്മാരായിട്ടുള്ള മൂലാചാര്യന്മാര് അവരെ തന്നെ ഭഗവാൻ പറഞ്ഞയച്ചു പൃഥുവിന് പോയിട്ട് പറഞ്ഞു കൊടുക്കാം കേൾക്കണം എന്ന് കൊതിക്കണുവാം പറഞ്ഞു കൊടുക്കു പോയിട്ടു അവര് വന്നു അവിടെ വന്ന് വിജ്ഞാനം സനകമുഖോദിതം ദാന ഭഗവാനാണോ കൊടുത്തത് വിജ്ഞാനം സനകമുഖോദിതം സ്വാത്മാനം സ്വയമഗമോനന്ത സനകാദികള് വന്നതും പൃഥു മഹാരാജാവ് വീണു നമസ്കരിച്ചു പറഞ്ഞു ഞാൻ എന്തു ഭാഗ്യവാൻ സാമാന്യപ്പെട്ടവരാണോ ബ്രഹ്മവിദ്യ സമ്പ്രദായമേ തുടങ്ങിയത് സനകമഹർഷിയിൽ നിന്നാണ് ഭഗവാൻ സൃഷ്ടുവേദം ജഗത്ത് തസ് ച സ്ഥിതിർഷു ആദൌ സനകസനന്താദീൻ ഉത്പാദ്യ നിവൃത്തിധർമ്മം ഗ്രാഹയാമാസ വേദോക്തം ആചാര്യസ്വാമികൾ ഗീതാഭാഷ്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് ബ്രഹ്മവിദ്യയെ ആദ്യം ഉപദേശിച്ചു കൊടുത്തത് അവരിലൂടെയാണ് ഇവിടെ ബ്രഹ്മജ്ഞാനം ഒഴുകിയത് എന്നാണ് അങ്ങനെയുള്ള ഇവിടെ ഒരു വേദാന്ത പ്രഭാഷണം ചെയ്തു പൃഥു പറഞ്ഞു എനിക്ക് ഉപദേശിച്ചു തരൂ സനകൻ പറഞ്ഞു അങ്ങേക്ക് അറിയാത്തതാണോ എന്നാലും ഞാൻ പറയാം സാധൂനാമതി ഈ ദൃശി ശാസ്ത്രങ്ങളുടെ മുഴുവൻ ലക്ഷ്യം എന്താണ് ആത്മാവല്ലാത്ത വസ്തുക്കളെയൊക്കെ മറന്നു കളയുക എന്നിട്ട് ആത്മാവിലെ മനസ് വയ്ക്കുക ആത്മവ്യതിരിക്ത വസ്തുക്കളെയൊക്കെ വിട്ടുകളഞ്ഞ് ശാസ്ത്രേഷു ഇയാൻവ സുനിശ്ചിതോന്നിടാം ശാസ്ത്രങ്ങളുടെ മുഴുവൻ ലക്ഷ്യസ്ഥാനം ഇതാണ് നിശ്ചിതമായ അഭിപ്രായം ശാസ്ത്രങ്ങളുടെ ഇതാണ് ആത്മവ്യതിരിക്ത വസ്തുക്കളിൽ നിന്ന് മനസ്സിനെ വിട്ട് ആത്മാവിൽ മനസ് വെക്കുക എന്നുള്ളത് അതിനെന്തുവേണം ഏകാന്തത്തിൽ വസിക്കണം യോഗേശ്വരന്മാരെ ഉപാസിക്കണം സദ്ഗ്രന്ഥങ്ങളെ പരിശീലിക്കണം ആത്മവിചാരത്തിനെ ചെയ്യണം മൌനസാധനകളെ അനുഷ്ഠിക്കണം ലോട്ടിനു മേലെ സത്സംഗത്തിന് വീണ്ടും വീണ്ടും ഇരുന്ന് ഹരികഥയെ പാനം ചെയ്യണം അങ്ങനെ ക്രമേണ ചിത്തം ശുദ്ധമായി ശുദ്ധമായ ഹൃദയത്തില് ബോധം തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും ഇങ്ങനെ ആത്മതത്വം ഉപദേശിച്ചു സനകമഹർഷി പൃഥ്വി മഹാരാജാവ് പറഞ്ഞു അങ്ങക്ക് ഞാൻ എന്തു തരും ബ്രഹ്മവിദ്യയെ ഉപദേശിച്ച ഗുരുവിന് എന്തു കൊടുക്കാൻ പറ്റും കൈവല്യ തമിഴിലുള്ള വേദാന്ത ഗ്രന്ഥമാണ് ഗുരു ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചപ്പോൾ ശിഷ്യൻ വികാരഭരിതനായി ചോദിച്ചു അങ്ങേക്ക് ഞാൻ എന്തു തരും ഗുരു യാതൊരു വികാരവും ഇല്ലാതെ പറഞ്ഞു ഞാൻ ഉപദേശിച്ചതിനെ വിട്ടുകളയാതെ സൂക്ഷിക്കുന്നതാണ് എനിക്ക് തരൽ വിട്ടുകളയാതെ സൂക്ഷിച്ച് ഇതാണ് സത്യമെന്ന് വിശ്വസിച്ച് മനസ്സിനെ ആത്മാവിൽ ഇരുത്തണം സ്വരൂപത്തിൽ ഇരുത്തണം സ്വരൂപത്തിൽ ഇരുത്തി ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപമായിട്ട് കണ്ടാൽ ഗുരുദക്ഷിണ ഏകാദശ സ്കന്ധത്തില് ദക്ഷിണ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കണം പണമല്ല ദക്ഷിണ ദക്ഷിണയെ വ്യാഖ്യാനിക്കുമ്പോൾ പറഞ്ഞു ദക്ഷിണ ജ്ഞാന സന്ദേശ ആ ജ്ഞാനത്തിന് സന്ദേശം കിട്ടണമല്ലോ അതിനെ ഉറപ്പിക്കുക ദൃഢമായ അനുഭവമാക്കി തീർക്കുക അങ്ങനെ അനുഭവിച്ചാൽ ഗുരുവിന് ഇതിനേക്കാളും വലിയ സന്തോഷം എന്തുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ ഗുരു സന്തോഷം ഗുരുതൃപ്തി ഒരു ശിഷ്യൻ തപസ് ചെയ്യണു ആരാധിക്കണു ധ്യാനിച്ചു ഉറക്കണു ജ്ഞാനം കൊണ്ട് ജ്വലിച്ചാൽ ഗുരു പരിപൂർണ തൃപ്തി നേടും അല്ലാതെ ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഗുരു സന്തോഷിക്കോ ഗുരുവിന് ശുശ്രൂഷയൊക്കെ വളരെ ക്ഷുദ്രം ഗുരുവിനെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത് വാസ്തവം പക്ഷെ അതോടുകൂടെ നിന്നു പോകരുത് ഉദ്ദേശം ഗുരു ആനന്ദിക്കണമെങ്കിൽ ഗുരു എന്തിനെ ആശിക്കുന്നു അതാവണം അങ്ങനെ ആയാൽ അതിനേക്കാളും വലിയൊരു ഗുരുദക്ഷിണയില്ല അപ്പൊ സനഗാദികളോട് വൃഥു മഹാരാജാവ് പറഞ്ഞു സാധൂച്ഛിഷ്ടം ഹിമേ സർവം എന്റേതെന്ന് പറഞ്ഞു ഒന്നുമില്ലല്ലോ ഞാനേ ഇത് മുഴുവൻ സാധുക്കളുടെ ഉച്ഛിഷ്ടം നിങ്ങളെ പോലെയുള്ള തീർത്ഥീഭൂതന്മാർ ഈ ഗൃഹത്തിൽ വന്നുവല്ലോ ഞാൻ ഭാഗ്യമാണ് യുഹാഹ തീർത്ഥവര തീർത്ഥപാദ തീർ ജ്ഞാനികളുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള വീടുകൾ തീർത്ഥരൂപം അങ്ങനെയല്ലെങ്കില് അർഹ അവിടെ വ്യാഴാളയദ്രുമാവൈതെ അരിക്താകില സമ്പദ പണം തീരാത്ത എടുത്താ തീരാത്ത പണം ഉള്ളതാണെങ്കിലും അത് പാമ്പിന്റെ പോട് പോലെയാണെന്ന് പറയുന്നു പൃഥു എവിടെ ഭജന ഇല്ലയോ എവിടെ നാമസങ്കീർത്തനം ഇല്ലയോ എവിടെ ഭഗവതാരാധന ഇല്ലയോ എവിടെ സാധുക്കൾ സമദർശിത്വമുള്ള സർവഭൂത സുഹൃത്തുക്കളായ സാധുക്കൾ ഇല്ലയോ ആ സ്ഥലം ആ പാമ്പിന്റെ ബോർഡ് പോലെയാണ് കൈവച്ചാൽ കടിക്കും സൂക്ഷിക്കണം അങ്ങനെ പൃഥു സനകാദികളെ നമസ്കരിച്ചു സനകാദികൾ ബ്രഹ്മതത്വം ഉപദേശിച്ച് അനുഗ്രഹിച്ചിട്ട് പോയി പൃഥു മഹാരാജാവ് ആത്മാവിനെ ധ്യാനിച്ച് ഏകാന്തത്തില് വനത്തില് ചെന്നിരുന്നു സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി താദൃക് പൃഥുപുരീഷ സത്വരമേ രോഗൗഘം വാതഗേഹവാസിൻ അതിന് പ്രഥിതമായ പുരമാണല്ലോ ഗുരുവായൂർ അതാണ് പൃഥുപുരീഷ് അങ്ങനെ ഭഗവാനെ അപ്രകാരമെല്ലാമുള്ള പൃഥുവായി അവതരിച്ച ഭഗവാൻ ഉം പൃഥുവായിട്ട് അവതരിച്ച ഭഗവാനെ രോഗമൊക്കെ മാറ്റി എനിക്ക് മനസ്സിനും ശരീരത്തിനും ഉള്ള വ്യാധികളൊക്കെ ശമിപ്പിച്ച് ശാന്തി തരാം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്ര അഹം ർവ്യോ മോക്ഷയിഷ്യാം ഇതാണ് ഭക്തിയുടെ ഒക്കെ പരമകാഷ്ട പരിപൂർണമായി സർവേശ്വരനെ ശരണാഗതി ചെയ്താൽ സർവേശ്വരൻ ദുഃഖമൊക്കെ അകറ്റി മനസ്സിനും ശരീരത്തിനും ശാന്തിയെ തരും ഇനി നാളെ ഋഷഭയോഗീശ്വര ചരിത്രം പ്രചേതസ്സുകളുടെ ചരിത്രം ഋഷഭയോഗീശ്വര ചരിത്രം രാവിലത്തെ സെഷനില് നരസിംഹാവതാനം അതിനുശേഷം ഗജേന്ദ്രോപ മോക്ഷം ഉം ആചാമേളൻ ഗജേന്ദ്രോപ ഗജേന്ദ്രമോക്ഷം ഇതൊക്കെ നാളെ വരും നാളെ കൃഷ്ണാവതാരം നാളെയാണ് പാരായണത്തില് പ്രഭാഷണത്തില് വരില്ല നാളെ പാരായണത്തില് കൃഷ്ണാവതാരം നാളെ വരും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം